ം മുത്തി മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും നിർജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും ലെബാനോന്റെ മഹത്വവും കാർമേലിന്റെയും ഷാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും തളർന്ന കൈകളെ ബലപ്പെടുത്തുവേൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവേൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവി അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും ചെവി അടഞ്ഞിരിക്കുകയുമില്ല അന്നു മുടന്തൻ മാനിനെ പോലെ ചാടും ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം തീരും കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്തു തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും അതിന് വിശുദ്ധ വഴി പേരാകും ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നുപോകയില്ല അവൻ അവരോടുകൂടെ ഇരിക്കും വഴിപ്പോക്കർ പോഷന്മാർ പോലും വഴിതെറ്റിപ്പോകയില്ല ഒരു സിംഹവും അവിടെ ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല അവിടെ കാണുകയില്ല വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും